ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേക ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ ലോകത്തിലെ ക്രിസ്ത്യാനികളെ പരിശോധിച്ച് നോക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും അവരുടെ പരിചയവും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യപ്രകാരം പലരും ചർച്ച് സഭയെ കാണുന്നു ചില രക്ഷ രക്ഷയുടെ അനുഭവത്തിൽ വന്നവർ അതിനപ്പുറമായിട്ട് ചർച്ചിനെ കാണുന്നു എന്നാൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം സഭയെങ്ങനെ കാണുന്നു നമ്മൾ സഭയിൽ എങ്ങനെ ആയിരിക്കണം നമുക്ക് സഭയിലുള്ള ആ പങ്ക് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയും വിവിധ നിലകളിൽ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ എന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യം അപ്പോസ് ഉള്ള പ്രവർത്തികൾ ഏഴാം അധ്യായത്തിൻ്റെ ഈ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം മുതേ സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എൻ്റെ വിശ്രമ സ്ഥലവും ഇതൊക്കെയും എൻ്റെ കൈയല്ലേ എന്ന് കർത്താവ് അള്ളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ശാഠിക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവർ നിങ്ങൾ പിതാക്കന്മാരെപ്പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കും സ്തേഫാനോസ് യഹൂദന്മാരോട് തൻ്റെ അവസാനമായിട്ട് താൻ കല്ലേറ് കൊണ്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ ഒരു പ്രസംഗത്തിലെ തൻ്റെ ആ ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ സ്വയം അവരുടെ ദൈവത്തിൻ്റെ ജനമാണെന്നുള്ളതായൊരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു ഉന്നതഭാവം അവരുടെ ജീവിതത്തിലുണ്ട് അത് അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും അഭിമാനിക്കുന്നൊരു കാര്യമായിരുന്നു അവരുടെ ദൈവത്തിൻ്റെ ആലയം ഒരു യകൂദൻ യകൂദനാകണമെങ്കിൽ അവൻ്റെ ആലയം അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ പുരോഹിതന്മാർ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ലേവി ഗോത്രത്തിൽ അല്ലെ അഹരോന്യ പിന്തുടർച്ചയിൽ ഉള്ള പുരോഹിതന്മാർ അതുപോലെ ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം പത്ത് കൽപ്പനകൾ സീനായി മലയിൽ വെച്ച് ദൈവം തന്നെ എഴുതി കൊടുത്തതായ ന്യായപ്രമാണം അതുപോലെ ഈ കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ ജനമായ കൊടുത്തിരിക്കുന്ന ഭൗതികമായ വാക്തത്വങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഒരു യകൂദൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദൈവത്തിൻ്റെ വചനവുമായിട്ട് പരിചയപ്പെടുന്ന ഒരു ദൈവവൈതല ജീവിതത്തിലും ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം എന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും സഭയെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ച പലപ്പോഴും പല രീതിയിലായി പോകുന്നു ഇവിടെ ഈ സെഫാനോസ് പറയുകയാണ് യകൂദന്മാരെ നോക്കി പറയുകയാണ് ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കും നമ്മൾ യകൂദനെ സംബന്ധിച്ചിടത്തോളം അവർ പരിച്ഛേദന എന്ന് പറയുന്നത് എട്ടാം നാളിൽ ഓരോ ആൺകുട്ടിക്കും ചെയ്യുന്നതായ കാര്യമാണ് എന്നാൽ ഇവിടെ ഇവർ യകൂദരനോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനും ചെവിക്കും ഒരു പരിച്ഛേദന ആവശ്യമാണ് ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ ആലയത്തെയും കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവം വിലമതിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും ചെവിക്കും ഒരു പരിച്ഛേദന ആവശ്യമാണ് ഇത് നമുക്കറിയാം സി ആ പ്രവാചകൻ്റെ പുസ്തകം അറുപത്താറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വചനത്തിൻ്റെ ഉദ്ധരണിയാണിവിടെ സ്റ്റെഫാനോസ് ഇവിടെ സംസാരിക്കുന്നത് അവിടെ ഇതേ കാര്യം തന്നെ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ യക്ഷയപ്രവചന അറുപത്തി ആറാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു യഹോ അഭിപ്രായം അരളി ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതവീടവും ആകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം എൻ്റെ വിശ്രമസ്ഥലവും ഏത് എൻ്റെ കൈ ഇതൊക്കെയും അങ്ങനെയാകുന്നു ഇതൊക്കെ ഉള്ളവായതെന്ന് യഹോവ അരളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുന്നു അപ്പോൾ ദൈവം വിലമതിക്കുന്നതായ കാര്യം ദൈവത്തിന് വേണ്ടി പണിയുന്ന ഒരു ബിൽഡിംഗ് അല്ല എന്നാൽ യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ പരിശോധനയേറ്റ ചെവിക്ക് ഭരിച്ചതിനേറ്റ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യമാണ് തൻ്റെ അരിഷ്ടത കാണാനുള്ളതായ ഒരു മനസ്സ് യശയാവ് തന്നെ അതിനൊരു എക്സാമ്പിളാണ് താൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു എന്നാൽ താൻ സ്വർഗീയമായൊരു ദർശനം കണ്ടപ്പോഴാണ് താൻ എത്ര അരിഷ്ടനാണെന്ന് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ ഞാൻ നശിച്ചു എന്നൊക്കെ താൻ പറയത്തക്കവണ്ണം ഉള്ളൊരു ആ ഹൃദയത്തിൻ്റെ നില തനിക്ക് ഉണ്ടായത് അപ്പോൾ ആ ഷിയാപ്രവാചം തന്നെ പറയുകയാണെ അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും തൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവം കടാക്ഷിക്കുന്നത് മറ്റ് പുറമെയുള്ള യാതൊരു പ്രവർത്തനത്തിലുമല്ല അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും ഒരു കെട്ടുപാടിലോ അതിൻ്റെ പ്രവർത്തനത്തിലോ അതിൻ്റെ ബ്രാൻഡ് നെയിമിലോ ഒന്നുമല്ല അതിലുള്ള ഒരു ദൈവ ആ അനുഭവത്തിലാണ് ദൈവം കരാ അവൻ ഹൃദയത്തിൽ പരിച്ചതിനെ ഒരു ദൈവ ജീവിതത്തിൽ ആ തൻ്റെ അരിഷ്ടത അവൻ മനസ്സിലാക്കും അവൻ്റെ മനസ്സ് തകർന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിലുണ്ടാകും ഹൃദയത്തിൽ ചെവിക്ക് പരിച്ചതിനെ ഒരാൾക്ക് ദൈവവചനം കേൾക്കുമ്പോൾ അത് ഈസിയായിട്ട് എടുക്കുകയില്ല അവരുടെ ദൈവത്തിൻ്റെ വചനത്തിനുമ്പാകെ വിറയ്ക്കും അത് ഭയപ്പെടും ദൈവത്തിൻ്റെ വചനത്തെ റെസ്പെക്റ്റ് ചെയ്യും അത് ജീവിതത്തിൽ അത് വളരെ ഗൗരവമായിട്ടെടുക്കും നമുക്ക് ദൈവത്തിൻ്റെ വചനം ഏത് നിലയിലും എടുക്കാം എന്ന് പല എല്ലാവരും ഉദ്ധരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ സമയത്തും അസ്ഥാനത്തും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നതായ കാര്യം രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരും ഒക്കെ ഇത് അവർക്ക് ബോധിച്ചതുപോലെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് കേൾക്കുമ്പോഴും നമുക്ക് നമ്മൾ ഒരു തമാശ പോലെ പലപ്പോഴും കേട്ടുപോകുന്ന ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്ന ഒരനുഭവം അത് നമ്മുടെ ചെവിക്ക് ഒരു പരിഛേദന നമുക്കാവശ്യം അതിനെ ഉള്ള ഗൗരവത്തോടെ കാണാനും ദൈവത്തിൻ്റെ സഭയെ നിലയിൽ വിലമതിക്കാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ ഞാനും അതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിവസം നിൽക്കാം